അഹിതാഹ ഹിതമില്ല അഹിതാഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ട് ഒരാൾക്കും ഹിതം വരാതെ വരാത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അഹിതാഹ ജഗതഹാക്ഷയായ ലോകത്തിൻ്റെ നാശത്തിനായിട്ട് പ്രഭവന്തി ഇവർ സമർത്ഥന്മാരായിത്തീരുന്നു ഇവരുടെ അജണ്ട ലോകത്തിൻ്റെ നാശമാണ് അതിൽ തൻ്റെ നാശം കാണുന്നില്ല തൻ്റെ നാശവും കാണും വേണമെങ്കിൽ അവർ സ്വയം ബോംബാവും എന്ന് പറയാൻ അങ്ങനെയാണ് അവരുടെ ട്രെയിനിങ് അവർക്ക് ബോംബാവാൻ വിഷമില്ല അതുകൊണ്ട് അവരെന്തും ചെയ്യും ഇതൊക്കെ ആസുര പ്രകൃതികളാണ് ഇങ്ങനെയുള്ള ഈ ആസുര പ്രകൃതികളോട് നമ്മുടെ സമീപനം എന്താണ് നമ്മൾ എന്താ വേണ്ടത് എന്നൊക്കെ ഉണ്ട് ആസുര പ്രകൃതികളുടെ ഇടയിൽ പെട്ടാ എങ്ങനെ വേണം ഇത്തരത്തിലുള്ള ആസുര പ്രകൃതി നമ്മുടെ ഉള്ളിലുണ്ടോ പ്രകൃതം ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന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 അങ്ങനെയാണെങ്കിൽ പലരും പലതും ചെയ്തിട്ടിവിടെ പ്രശ്നത്തിന് പരിഹാരം വേണ്ട ഇല്ലല്ലോ നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നാതിരിക്കട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കണം ആടിശു ശരിയാക്കണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിലിതുണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല അവനതുണ്ട് ഇത്രയുള്ളൂ നമ്മളും അവനും തമ്മിലുള്ള വ്യത്യാസം അവനത് ധൈര്യമുണ്ട് പ്രവർത്തിക്കാൻ നമുക്കോ ധൈര്യമില്ല അതുകൊണ്ട് നമ്മൾ അവനെ ഒരു പകരക്കാരനാവുകയല്ല വേണ്ടത് മറിച്ച് അതുകൊണ്ട് ആ ജയിലുകളിലൊക്കെ കൗൺസിലിംഗ് സെന്റർ വേണമെന്ന് പറയുന്നത് പ്രതിമാഭേദി ആ കിരൺ സോറി അവർ വിട്ടുപോയാൾ ആ കിരൺ ബേദി അതാണ് ആലോചിച്ചിട്ടുള്ളത് അവരാ നിലയിലാണ് ചിന്തിച്ചത് എന്ന് പറയാം ക്രിമിനൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ സ്ഥിരം കുറ്റവാളിയായി കാണാതെ അതാണ് കോടതിയിൽ ജഡ്ജ് കുറ്റവാളിയെ വിസ്തരിക്കുന്ന സമയത്ത് ചോദിച്ചു എട്ടാമത്തെ പ്രാവശ്യമാണല്ലോ നിങ്ങളെ എനിക്ക് തന്നെ ഇങ്ങനെ വിധിക്കേണ്ടി വരുന്നത് എന്ന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ അദ്ദേഹം പറയാം സാർ ഞാനൊരു അങ്ങയുടെ ഒരു റെഗുലർ കസ്റ്റമറാണല്ലോ ആ നിലയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണമെന്ന് പറയാം ഇന്ന് എവിടെയും ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതിലും എനിക്ക് എന്ത് വേണം ഡിസ്കൗണ്ട് വേണം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അതിന് നമ്മുടെ രീതി വേറെയാങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ലോകത്തിലെ കാര്യങ്ങൾ നോക്കി കാണാൻ ഒരു ശ്രമം നടത്തിയാ നമുക്ക് അത്ഭുതം തോന്നും പലതും ഇപ്പൊ ഈ മാ ഈ മാസത്തെ ഈ മാസം മാസം കൂടുമ്പോ സ്വാമി പറഞ്ഞു തരാ ഒരു രണ്ടാം തീയതി മൂന്നാം ഒരു ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഈ ബൈക്കിൽ പോകുന്ന പിള്ളരെ അതായത് ഒരു ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് പോലീസുകാർ പിടിച്ചു കൊണ്ടിരിക്കും കണ്ട അപ്പം സൈഡാക്കാൻ പറഞ്ഞു എന്നിട്ട് ലൈസൻസ് എടുക്കൂ അതെടുക്കും ഇതെടുക്കൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിപ്പോ ഒരു ഇതാണ് അങ്ങനെ പോലീസിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടുത്തെ നിയമത്തോട് ഇവിടുത്തെ നിയമജ്ഞരോട് എന്ത് ബഹുമാനം ഉണ്ടാവുക ഇവരല്ലേ നാളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവര് പോലീസിനൊക്കെ അവരോട് വളരെ അവരോടുള്ള പെരുമാറ്റം വളരെ മോശമായിട്ടായി അവരോട് പെരുമാറുക അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക അപ്പൊ ചെറുപ്പക്കാരോടാണ് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടിയിട്ട് ലോകം പെരുമാറേണ്ടതെന്ന് കാരണം എന്താണ് അവരാണ് നാളെ കാരണം അവർക്കത് കിട്ടണേ ഇത് അവർക്ക് കിട്ടുന്ന എല്ലാ ഇടങ്ങളും ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എവിടെ പോയി കഴിഞ്ഞാലും മര്യാദയ്ക്ക് ആരും സംസാരിക്കില്ല അപ്പൊ അവർക്കും തോന്നും നാളെ ഞാനും പോലീസായി കഴിഞ്ഞാൽ ഇതേപോലെ ബൈക്കിൽ വരുന്നവനെ ഡാ അങ്ങനെ അവരെ ഡാ ഇത്രയല്ല എടുക്ക എന്താ നിനക്ക് നിന്റെ മുടി ബാബ് ഷോപ്പ് ഒന്നുമില്ല ഇവിടെ ഇയാളാര ഇവന്റെ മുടി അവനെ ആലോചിക്കൂലോ മനസ്സിൽ പക്ഷെ ഒന്നും മിണ്ടില്ല നിസ്സായനാവൻ അവനൊന്നും പ്രതികരിക്കാൻ പറ്റില്ല മേലില് ഈ ഇത്ര നാളെ നാളെ തന്നെ വെട്ടിക്കൊള്ളണമെന്ന് എന്നാ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കൂ ഇദ്ദേഹത്തിന്റെ മകൻ ഇദ്ദേഹം പറഞ്ഞ അനുസരിക്കുവെന്നും അച്ഛ അത് സ്റ്റേഷനില് ഇവിടെ വേണ്ടെന്ന് പറയും അതുകൊണ്ട് ഈ നാ നാടിന് മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ മക്കൾ ദോന്നികളാവുന്നു എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ ഒരു സമീപനമുണ്ടല്ലോ നമ്മൾ നോക്കുക ലോകത്തിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഇത്രയുള്ളൂ ഞാൻ ഈ ആസുര പ്രകൃതിയാവില്ല എൻ്റെ പെരുമാറ്റം ലോകത്തിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കില്ല പോലീസെന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിനെ അങ്ങേയറ്റം സഹായിക്കാനുള്ളതാണ് നമുക്ക് അങ്ങേറ്റവും വിശ്വാസം വേണം അല്ലെ അവിടേക്കൊക്കെ പോകുമ്പോൾ പേടിയല്ലേ വരിക അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ സ്വാമിയോട് ഈ പറയുന്നത് ആ അർഹിക്കുന്ന ഗൗരവത്തിലെടുക്കാൻ അപേക്ഷിക്കുന്നു ഏത് ഏത് രംഗമാവട്ടെ ആസുരമായിട്ടുള്ള ഭാവം ഇതാ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ് ഭഗവാൻ തുടരുന്നു കാശ്രിത്യ ശ്രിത്യ ദുഷ്പൂരം മദാവിത മോഹാ ഗൃഹീത് അസദ്ഗ്രഹർ അശുചി വ്ര ദുഷ്പൂരം കാമം ആശ്രി എങ്ങനെയുള്ള കാമം ഒരിക്കലും പൂരിപ്പിക്കാൻ പറ്റാത്ത അതായത് ഒന്ന് കിട്ടിയാൽ വീണ്ടും ഞാനപ്പനയിലുണ്ടല്ലോ പത്ത് കിട്ടിയ നൂറ് നൂറ് കിട്ടിയാ ആയിരം ആയിരം കിട്ടിയ അങ്ങനെ പോകുന്നു എന്ന് പറയാം കാമം മതിവരാത്ത ആഗ്രഹത്തെ ആശ്രയിച്ചിട്ട് ദുഷ്പൂരം കാമം ആശ്രിത്യ കൂട്ടത്തില് അലങ്കാരമായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നറിയോ ദമ്പം മാനം മതാൻവിതാഹ ദമ്പം മാനം മതം ഇത്യാദികളെ കൊണ്ട് എന്താ സമന്യുതനായിട്ടുള്ള അതിൻ്റെ ചേർച്ചയോടുകൂടിയിട്ട് അശുചി വ്രതാഹ ശുചി വ്രതനാണോ അല്ല അശുചി ഈ അശുചി അവൻ വ്രതമായിട്ട് സ്വീകരിച്ചിരിക്കുക മനസ്സും ശരീരവും വാക്കും എല്ലാം തന്നെ ശുദ്ധിയില്ലാത്തവരായിട്ട് മോഹാൻ അസഗ്രാഹാൻ മോഹാൻ വിവരക്കേടും അസഗ്രാഹാൻ അസത്തായിട്ടുള്ള ആഗ്രഹങ്ങളെ എന്താണ് ഗൃഹീത്വ സ്വീകരിച്ചിട്ട് പ്രവർത്തന്ത പ്രവർത്തിക്കുന്നു അവരുടെ പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടും അപ്പൊ അത് ഇന്ന് അതും ഈ ഇപ്പം ബോംബെയിലൊക്കെ In Bombay, there are a, a, a, a lot hmm? of people, people who are living here in hmm? Bombay. There are many people who are living here in Bombay. There are many people who are living here in Bombay. Bombay is a murder guy. A Malayal business. A hotel business. A hotel group. അദ്ദേഹത്തിന് അവിടെ ലൂട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല പകൽ തന്നെ വന്ന് ചെയ്യും അതിനൊക്കെ ആളുകളുണ്ട് ദാതമാർ നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ബോംബേലും നമ്മളൊരു ദാതയെ കണ്ടിട്ടുണ്ട് രണ്ട് കാലും ഇല്ല അയാൾ ധാതയാണ് കാലു പോയത് ഇതുപോലെ കൊണ്ടുപോയതാ ധാത എപ്പോഴും ദാതയാണ് അത് ഈ ഒരു പയ്യനെയാണ് അവർ ഉപയോഗിച്ചത് പയ്യൻ അവൻ്റെ അച്ഛൻ വളരെ നല്ല എന്താ വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള അമ്മയും അതുപോലെ അവർ നല്ല സംസ് എന്താ പറയുക നമുക്കിപ്പോൾ പറയാം സംസ്കാരമൊക്കെ ഉള്ളവർ എന്നൊക്കെ പറയാം കഴിയാനും കാര്യങ്ങളുമൊക്കെ ഇതുണ്ട് പക്ഷേ അവന് ബൈക്ക് എന്നുള്ളതൊരു വലിയ ഹരമാണ് ബൈക്ക് വേണം അപ്പൊ അച്ഛനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബൈക്ക് വേണം പക്ഷെ മേടിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ ഇവർ അതാണ് ഓഫർ ചെയ്തത് ബൈക്ക് ഇത്രയേ ഉള്ളൂ അയാളെ കൊടു തോക്കും കൊടുത്തു ബൈക്കും കൊടുത്തു ബൈക്ക് ആദ്യം കൊടുത്തു ഒരു നാലഞ്ച് മാസം ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് പിന്നെ തോക്കും കൊടുത്തു ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് നിന്നെ പുറത്തിറക്കും ഞങ്ങൾ അതിനൊന്നും വിഷമിക്കേണ്ട എന്ന് പറയാം അപ്പൊ അത് സംഭവിച്ചു എന്നാണ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയില്ലേ എന്നുള്ള വേറെ കാര്യം അതിൻ്റെ ഒരു ഫീച്ചർ വന്നിരുന്നു ബോംബെയിൽ ഇത്തരം ടെററിസ്റ്റുകൾ ഇങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവരെങ്ങനെയാണ് ചെറുപ്പക്കാരെ പിടിക്കുന്നതെന്ന് അവരുടെ ആഗ്രഹങ്ങൾ കൊടുക്കുക ആഗ്രഹങ്ങൾ കൊടുക്കുക ചെറുപ്പക്കാരെ ഈവൺ ഇന്ന് ഈ അടുത്ത കാലത്ത് അതുപോലെ വേറൊരു രസകരമായിട്ടുള്ള ഈ മതാനുയായികൾ പോലും ഈ വഴിയെ സ്വീകരിക്കുന്നു ഏതാ ചെറുപ്പക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള അവർക്ക് ഹരം പകരുന്ന വളരെ എന്താ പറയുക സ്വ ഫ്രീ ആയിട്ട് അനുവദിച്ചു കൊടുത്തേക്കുക അതിന് പാട്ടും ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഒന്ന് അങ്ങോട്ട് കുറച്ചാളെ വേണം നമുക്ക് എന്ന് പറയും അപ്പൊ അവരുടെ ആവശ്യങ്ങൾ ഇവിടെ പറയുന്നല്ലോ ദുഷ്പൂരൻ കാമമാശ്രിത്യ നിറയ്ക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ആളുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതാണ് ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങളൊരു ബാങ്ക് കൊള്ള ചെയ്തിട്ടുള്ളത് അമ്മ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള ന്യൂസ് കേട്ടിട്ടുള്ളതല്ലേ ഇല്ലേ അമ്മയാണ് പോലീസിനോട് പറയുന്നത് പോലീസ് പോലീസിന് അന്വേഷണത്തെ വേറെ എവിടേക്ക് ആൾ പോയിക്കഴിഞ്ഞു എവിടേക്ക് ഗോവയ്ക്കോ എവിടെയോ കുട്ടി അവിടെ സുഖമായിട്ടൊക്കെ കടന്നുറങ്ങുക പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതായത് അവർ പറഞ്ഞു നല്ല അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരുവനാണ് ഇത് ചെയ്തത് അല്ലാതെ ചെയ്യില്ല ബിയർ ബോട്ടലിൻ്റെ ഉള്ളിൽ പെട്രോളൊക്കെ നിറച്ച് വളരെ ഭംഗിയായിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് പക്ഷേ ഇവൻ അങ്ങനെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല കുറച്ച് സിനിമ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ മതി ധാരാളമാണ് അതൊരു സ്വാധീനമാണ് ഓർത്തുമുള്ള അവർ സമ്പർക്കം തന്നെയാണ് ഒരു കൂട്ടുകെട്ട് തന്നെയാണ് അത് നമ്മൾ വിചാരിക്കേണ്ട പുറത്ത് പോകണമൊന്നും വേണ്ട വീട്ടിൽ തന്നെ വരിക ഇവരൊക്കെ വെച്ചാൽ മതി വേറെയൊക്കെ നിരന്തര സമ്പർക്കമാണ് കുട്ടിച്ചാർത്തനെ കാണുന്നു വേണ്ടത് തുറന്നാൽ മതി പെട്രോൾ മാക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നില്ലേ ഇങ്ങനെ കുറെയുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടി പ്രചോദനം കിട്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അമ്മയെ സംബന്ധിച്ച് ഒരിക്കലും അവനതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഇതാ ദുഷ്പൂരേണ കാമേന ആശ ദുഷ്പൂരം കാമം ആശ്രിതിയ എന്തൊക്കെയോ നിറ നിറയുന്നില്ല എന്ന് പറയാം ആഗ്രഹങ്ങൾ അപ്പൊ ആഗ്രഹങ്ങൾ നിറയ്ക്കാൻ അവൻ സ്വീകരിക്കുന്ന മാർഗോ തെറ്റായത് തന്നെ ദമ്പമാനം ദമ്പമാനം ഇത്യാദികളെ കൊണ്ട് മോഹാസ് മോഹാദ് അസദ്ഗ്രഹാൻ ഗൃഹീത്വ പ്രവർത്തന്ത പിന്നെ അസത്തായിട്ടുള്ള ആഗ്രഹങ്ങളെ ആശ്രയിച്ചിട്ട് അവൻ പ്രവർത്തിക്കുന്നു അപ്പൊ അവന്റെ പ്രവൃത്തിയും ആ തന്നെയാണ് തുടർന്ന് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് चिंता अमरीमेयां प्रलयाताविता आशापतर्ब्धा काम क्रोधपरायणा ചിന് അപരിമേയാം ചളയാളയാളയാതം ഉപാശ്രിത കാമോപോക നിശ്ചിത ആശാപതൈ ബാമകോധപരാ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയാ ഈ ഗീത ഈ ശ്ലോകങ്ങളൊന്നും സ്വാമി വ്യാഖ്യാനിക്കണമെന്നില്ല പത്രം എടുത്ത് നോക്കിയാൽ മതി ഇതൊക്കെ കാണും എല്ലാം അല്ലെങ്കിൽ ടി വി വെച്ചാൽ മതി അപരിമേയാം പ്രളയാന്താം ചിന്താം അപരിമേയാം അളക്കാൻ പറ്റാത്ത പ്രളയാാന്താം ലോകാവസാനം വരെയുള്ള ചിന്താം ചിന്തയെ ഉപാശ്രിതാഹ ആശ്രയിച്ചിട്ടുള്ളവർ അതായത് ഇവരുടെ ആഗ്രഹത്തിൻ്റെ ആഗ്രഹത്തിനൊരു അറുതി ഉണ്ടാവുക ഇല്ല എന്ന് പറയാം അത് പ്രളയം കഴിഞ്ഞാലും ഉണ്ടാവും എന്താണ് കാമോപഭോഗപരമാഹ കാമാനുഭവം അതേപോലെ തന്നെ അത് അതാണ് അതിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല എന്ന് പറയാം ഏതാവത് ഇത് നിശ്ചിതാഹ ഇത്രത്തോളം തന്നെ എന്ന് എല്ലത്രയുള്ളൂ എന്ന് നിശ്ചിതാഹ തീരുമാനിച്ചിട്ടുള്ളവരും ആശാപാശ ശതൈഹി ബദ്ധാഹ അനേകം ആഗ്രഹങ്ങളാകുന്ന പാശങ്ങൾ ആശകളാകുന്ന കയറുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരും ഒരുപാട് കയറുകളുണ്ട് എന്ന് പറയുന്നത് ആ കയറിനാൽ തലങ്ങും വെലങ്ങും വിട്ടിരിക്കുക ഒരു പശുവിനെ ഒരു പശുവിനെ ഒരു പത്ത് പതിനഞ്ച് കയറുകൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ പശുവിന് സ്വയം മൃതിയടയാൻ ആ കയറ് ധാരാളം പത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടാൽ മതി അതിനെ എന്താ പറയാ കുറച്ച് ഫ്രീ ആക്കി വിട്ടാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് അത് സ്വയം മൃതിയടയും ഈ ഒരു കയറുകാരണം ഇങ്ങനെ ആഗ്രഹങ്ങളുടെ കയറിൽ പറയുന്നു ഏതാവത് ഇതിന് ആശാഭാഷ ശതൈഹി ബദ്ധാഹ അനേകം ആഗ്രഹങ്ങളുടെ കയറുകളാൽ ബന്ധിക്കപ്പെട്ടവരും കാമക്രോധ പരായണാഹ കാമക്രോധ തൽപരരായിട്ടുള്ള ഏതേ ഇവർ കാമഭോഗാർത്ഥം കാമാനുഭവത്തിനായിക്കൊണ്ട് അന്യായേന അന്യായത്തിലൂടെ അർത്ഥസഞ്ചയാ ധനത്തെ ഈ ആഗ്രഹിക്കുന്നു അവർ കിമ്പളം ആഗ്രഹിക്കുന്നു അന്യായേന കാരണം ന്യായത്തിൽ നിന്നാൽ നടപ്പില്ല എന്നറിയാം അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല കൈക്കൂലി മേടിക്കാൻ പോലും അറിയിക്കാം അങ്ങനെയുണ്ട് അങ്ങനെ ആളുകൾ പറയും അദ്ദേഹത്തിന് കൈക്കൂലി മേടിക്കുക ഒരാൾ പറഞ്ഞു ഞാൻ സർവീസിലെ പത്ത് പൈസ ഞാൻ ഒരാളോട് മേടിച്ചിട്ടില്ല അപ്പൊ ഭാര്യ ഉടനെ പറയാ അതിന് കൊടുക്കാൻ പറ്റിയ വകുപ്പായിരിക്കണ്ടേ ഒരു ആളുമായിട്ട് ഒരു ബന്ധുവുള്ള വകുപ്പായിരുന്നില്ല എന്ന് പറയാം അങ്ങനെയുള്ള പല വകുപ്പുകളും ഉണ്ടല്ലോ സ്വാമി ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചില ചില കേന്ദ്രങ്ങളുണ്ട് സ്വാമിയെ വിസ്തരിക്കുന്നില്ലേ കാരണം ചെക്ക് പോസ്റ്റിൽ അത്രയും സാലറിയാണ് എന്താ അന്യായേന അർത്ഥസഞ്ചയാൻ ഈ അദ്ദേഹം അന്യായത്തിലൂടെ അവരങ്ങനെ വിചാരിച്ചിരിക്കണം അങ്ങനെ എന്താ അവർക്ക് പറഞ്ഞല്ലോ തലയ്ക്ക് പിടിച്ചിരിക്കുക ആരെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറ അന്യായേന അർത്ഥസഞ്ചയാൻ ഈ ഹേ അന്യായത്തിലൂടെ അവരങ്ങനെ വിചാരിച്ചിരിക്കണം അങ്ങനെ എന്താ അവർക്ക് പറഞ്ഞല്ലോ തലയ്ക്ക് പിടിച്ചിരിക്കുക ആരെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർക്കറിയില്ല എന്ന് അവരെ തന്നെ വളരെ പണ്ട് വളരെ പണ്ടുള്ളൊരു കഥയുണ്ട് വളരെ രസമായിട്ടുള്ളൊരു കഥയാണ് മൂന്നെലികളുടെ കഥയാണ് പണ്ട് രാജകൊട്ടാരത്തിൽ രാജാവ് ഒരു സൽക്കാരം നടത്തി അപ്പൊ ഈ സൽക്കാരം സൽക്കാരത്തിൽ മദ്യം ആവശ്യത്തിലധികം വിളമ്പിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും മദ്യമൊക്കെ കഴിച്ച് എല്ലാവരും പോയി പോയി കഴിഞ്ഞപ്പം ഈ മദ്യശാല അതായത് അവിടെ തന്നെയുള്ള ഒരു മദ്യശാല മദ്യശാല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പൊ പറയാം ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവേ കഥയാണ് അതുകൊണ്ട് അതങ്ങനെ അത് പിന്നെ രാവിലെയായിട്ട് ക്ലീൻ ചെയ്ലീൻ ചെയ്യാം എന്നുള്ള ധാരണയിൽ രാത്രി എല്ലാവരും പോയി ജോലിക്കാരൊക്കെ നാളെ പിറ്റേന്ന് വന്ന് ചെയ്യാം എന്നുള്ള അവരും കുറച്ചിതൊക്കെ കിട്ടി പൂസായി അവരും കടന്നുറങ്ങി അങ്ങനെ അവിടെയുള്ള കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ താഴെ വീണിടക്കുന്നതിന് കടല അത് ഇതുമൊക്കെ അതൊക്കെ പെറുക്കാനായിട്ട് മൂന്ന് എലികൾ വന്നു അങ്ങനെ ഇതിങ്ങനെ ഇത് പെറുക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരാൾ കുടിക്കുന്ന സമയത്ത് തട്ടി മറഞ്ഞു വീണ കുറച്ച് വിസ്കി ഉണ്ടായിരുന്നു എന്തോ സ്വാമിക്ക് അറിയുന്ന പേര് പറഞ്ഞതാണ് അത് ഇതായിരുന്നു എന്താ ഉറപ്പ് എന്ന് എഴുതി ചോദിക്കരുത് മദ്യം അത്രയേ പറയാം അങ്ങനെ വീണ കുറച്ചുണ്ട മദ്യം ഉണ്ടായിരുന്നു ഇത് മൂന്നും കുറച്ച് കുടിച്ചു നല്ല രസം തോന്നി ഇതുവരെ കിട്ടിയിട്ടില്ല ജീവിതത്തിൽ ഭയങ്കര രസമായി മുഴുവൻ വലിച്ചു കുടിച്ചു മൂന്നാളും പിന്നെ അവരുടെ ഡിസ്കഷനാണ് ഒന്നാമത്തെ എലി പറഞ്ഞു ഈ രാജാവ് ശരിയില്ല ഞാനിപ്പോ തന്നെ അന്തപുരത്തിലേക്ക് പോയിട്ട് അവനെ ഞാൻ ശരിയാക്കുന്നു അപ്പൊ രണ്ടാമനെ ഒന്ന് തല കുടഞ്ഞിട്ട് പറഞ്ഞു എന്റെ നോട്ടം മന്ത്രിയാണ് അവനാണ് ശരിയില്ലാത്തത് അപ്പൊ മൂന്നാമൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്തൊക്കെയോ വിട്ടിത്തരാൻ പറയുന്നു എനിക്കിതൊന്നൊരു വിഷയമല്ല ഞാൻ ഈ തട്ടും പുറത്തേക്ക് പോവാണ് അവിടെ പൂച്ചയുണ്ട് പൂച്ചയായിട്ട് ഞാൻ കെട്ടി മറിഞ്ഞു കളിക്കുന്ന പറയും ഇതുപോലെയാണ് അത്രയും വരും ഒരെലി പൂച്ചയുമായിട്ട് മല്ലിടാൻ പോകുന്നത് പോലെയാണ് ഇവർ ഇവരെ സ്വയം നശിപ്പിക്കുന്നത് പറയാം ഈ കിമ്പളവും മതവും ഇതുമൊക്കെ കുറേ അന്യായമായി മേടിച്ച് ഒരു ദിവസവും ഉറങ്ങാൻ പറ്റില്ല ഒരു ഫോൺ അടിക്കുമ്പോൾ ഞെട്ടും ആരാണ് ഒരു ദിവസം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല വീട്ടിലൊരു വണ്ടി വന്നു നിന്ന സംശയമാണ് ആരാണ് ഏത് ടാക്സാണ് ഇൻകം ടാക്സ് ആണോ സെയിൽ ടാക്സ് ആണോ അതാണോ ഇതാണോ ഇനി ഒരുപാട് ധനം ഉണ്ടെങ്കിലോ അതൊന്നൊന്ന് ചെലവഴിച്ച് മോടി പിടിപ്പിക്കാൻ പറ്റുമോ അതും വേണ്ട അതുകൊണ്ട് എന്താ ചെയ്യുക ബാങ്കിലിടാൻ പറ്റുമോ അതും പറ്റില്ല എന്നാ ശരി ഭാര്യയോട് നീ ഇഷ്ടം പോലെ ചെലവാക്കുക അയ്യോ അത് വേണ്ട എന്നാ കുട്ടിയെ കൊടുക്ക അതും പറ്റില്ല എന്നാ സ്വന്തക്കാർക്ക് എന്നാ എന്നാ വാങ്ങുന്ന നിർത്തിക്കൂടെ അതുമില്ല തന്നെ ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്നെയാണ് പറയുന്നു എന്താണ് കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ ഈ ഹന്ദേ അതുകൊണ്ട് ഇതാ അടുത്ത മൂന്ന് ശ്ലോകത്തില് ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കുന്നു ഇതം ഇമം പ്രാപ്യേ മനോരഥം ഇതീദമി മേ ഭവിഷ്യതി പുനർധനം അസൗമയാഹത ശത്രുഷ്യേചാ हम हम भोगी सिद्धम बलवांखी आढ़्योजनवान कौनस्ति सदृशो मक्षे दाया मोदी विमोिता लक्षण भगवाणु नोका ഇതം അദ്യ മയാ ലം ഇമം പ്രാപേ മനോരഥം ഇതം അപ്പൊ മേ ഭവിഷ്യതി പുനർധനം അസോ മയാ ഹത്രു ഹനിഷ്യേ ചീശ്വര അഹം അഹം ഭീ സിദ്ധ അഹം ബലവാൻ സുഖീ ആഡ്യോ ആഡ്യോ ആഡ്യോഭി ജനവാൻ അന്യ അതി സദൃശ മയാ യക്ഷിയെ ദാസയാമി മോദിഷ്യ ഇത് അജ്ഞാന വിമോഹിത ഗംഭീര വചനങ്ങളൊക്കെ മൂപ്പരുടെ മൂപ്പരുടെ സൂക്തങ്ങൾ ഭഗവാൻ പറയാം എന്തൊക്കെയാണ് പറയുമ്പോൾ ഓർക്കുക ആരാണിത് എന്താ പറയണത് ഇതം അദ്യമായ ലബ്ധം ഇത് ഇന്ന് കിട്ടി ഇതാ ഞാൻ കൊണ്ടുവന്നത് വെച്ചോ ഞാൻ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് തരുമല്ലോ നമ്മുടെ കയ്യിൽ അപ്പൊ ഓർത്തുള്ള ഇതാരാണ് പറയണത് അസൂരന എനിക്കിന്ന് ഇത്രയൊക്കെ പറ്റിയുള്ളൂ എന്നുള്ളതല്ല പിന്നെയോ എനിക്കിന്നുള്ളതല്ല ഇവിടെ പറയണു ഇന്ന്താ മതിയോ വേണമെങ്കിൽ പറയണം ഇതാ ഇതം അത്യമായ ലബ്ധം ഇമം മനോരഥം പ്രാപ്തി ഈ ആഗ്രഹത്തെ ഞാൻ പ്രാപിക്കും സാധിക്കും ഞാൻ വീട് വയ്ക്കും എന്നിട്ട് ഞാനൊരു വീട്ടുകൂടൽ നടത്തും നീ കണ്ടോ അവനെ ഞാൻ വിളിക്കും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ ഇങ്ങനത്തെ മനോരഥം എന്താ അതാണ് അടുത്തത് ഇമം മനോരഥം പ്രാപ്തിയെ ഈ മനോരഥത്തെ ഈ സങ്കൽപ്പത്തെ ഞാൻ ആഗ്രഹത്തെ ഞാൻ സാധിക്കും ഇതം മേ അസ്ഥി ഉണ്ട് എനിക്ക് ഇത്ര സെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ഏക്കറുണ്ട് ഇന്ന വീടുണ്ട് അതുണ്ട് ഇതുണ്ട് ഇതൊക്കെ എനിക്കുണ്ട് ഇത് ഇവൻ പറയും ഇതം മേ അസ്ഥി എനിക്ക് ഇത്ര ഉണ്ട് ഈ ഉള്ളതിനെക്കുറിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഇതം ധനം അഭി പുനഃ മേ ഭവിഷ്യതി ഇതൊക്കെ ഇനിയും ഉണ്ടാകും ഞാൻ ഒരുപാട് പല മാ ഷെയർ മാർക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് പലരും കൂടും എസ്റ്റേറ്റ് ഉണ്ട് അതിനും റബ്ബറിനൊക്കെ ഇപ്പം നല്ല വിലയാണ് കൂടും അതുകൊണ്ട് ഇതം ധനം അഭി ഈ ധനം ഇനിയും പുനഃ മേ ഭവിഷ്യത് ഇത് ഇനിയും എനിക്ക് ഇതിൻ്റെ പലിശയൊക്കെ വരും അതുകൊണ്ട് എനിക്ക് ഇത്രയുണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം അതുകൊണ്ട് അസൗ ശത്രുമയാഹത എൻ്റെ എനിക്ക് തിരിഞ്ഞവനെയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്കോ ടിക്കർദോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് ശരിയാക്കാൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അസൗ ശത്രുമായ ഹതഹ അതാരായാലും കുഴപ്പമില്ല എനിക്കെതിരെ വരുന്നവനെയൊക്കെ ഞാൻ ശരിയാക്കും അപരാനഭി ഹനിഷിയെ ഇനി ആരെങ്കിലുമൊക്കെ തല വെക്കിയാൽ അവനെയും ഞാൻ ശരിയാക്കും കാരണം എൻ്റെ കയ്യിൽ ധനമുണ്ട് എൻ്റെ കയ്യിൽ ആളുകളുണ്ട് പോലീസുണ്ട് പട്ടാളമുണ്ട് ഒക്കെയുണ്ട് ഞാൻ ശരിയാക്കും എന്ന് പറയാം അപരാനഭി ഹനുഷിയേച്ച ൻ അഹം ഈശ്വര ഞാൻ തന്നെ ഈശ്വരൻ വേറൊരു ഈശ്വരനുമില്ല അഹം ഈശ്വരഹ അഹം ഭോഗി ഞാൻ സുഖിക്കും ആരണടാ ചോദിക്കാൻ ഇവൻ പറയും അഹം ഭോഗി നീ ആര് ഇതാണ് അവന്റെ അവനങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും സാറേ കുറച്ചു മുമ്പോട്ട് ആനങ്ങില്ല എന്ന് പറയാം പലതിലും ഉണ്ടല്ലോ ആ ഒരു ഭോഗം അതായത് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ താനും അങ്ങോട്ട് എടുക്കുക ഏത് കാര്യത്തിലും അതെല്ലായിടത്തും കാണാൻ പറ്റും എന്ന് പറയാം അഹം ഭോഗി അഹം സിദ്ധ ഞാൻ സിദ്ധനാണ് എന്ന് പറഞ്ഞാൽ സിദ്ധിച്ചവൻ എന്നാണ് മറ്റേ സിദ്ധൻ അവനോടൊക്കെ പിന്നെ പുച്ഛമാണ് ഞാൻ തന്നെ നേടിയവനാണ് അഹം സിദ്ധ ഞാൻ നേടിയവനാണ് ബലവാൻ അഹം ഞാൻ ബലവാനാണ് ആഢ്യഹ സമ്പന്നനാണ് സുഖി സുഖിമാനാണ് അഭിജാൻ അഭിജനവാൻ ആഭിജാത്തിയുള്ളവനുമാണ് ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എന്റെ വകയാണ് ഇന്ന ആളുകളുടെ ഗാനമേള അത് സ്പോൺസർ ചെയ്ത ഞാനാണ് ഇപ്പൊ അമ്പലക്കാരൊക്കെ എൻ്റെതാ ഇവിടെ പറയാൻ പോണോ അവരൊക്കെ എന്റെ കാൽ കീഴിലാണ് മയാ സദൃശഹ അന്യഹ കഹ അസ് അസി അസ്ഥി എന്നോട് സമാനായിട്ട് കഹ കഹ ആരുണ്ട് കോന്യോസ്മി സദൃശാമയ കഹ അസ്മി സദൃശാമയ എനിക്ക് സദൃശനായിട്ട് അതുകൊണ്ട് നമ്മളിത് അങ്ങോട്ടിട്ട് കൊടുക്കും മൂപ്പരുടേത് സാറിനെ പോലെ ഇവിടുണ്ടല്ലോ ഒരാളും പറ്റിയ മൂപ്പരിങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ടിട്ടാൽ ആ എവിടെയാ നിങ്ങളുടെ ആ റെസിപ്റ്റ് ബുക്ക് കാണട്ടെ അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്റ്റ് ബുക്കുണ്ട് ആരും ഇതുവരെ എഴുതാത്തത് അതങ്ങോട്ട് കൊടുക്കും അപ്പൊ അദ്ദേഹം എഴുതുവേതായിരുന്നു മയാ സദൃശ അന്യ കി അഹം യക്ഷിയേ ഞാൻ യജ്ഞം നടത്തും കാരണം പല യജ്ഞം നടത്തുന്നത് എന്റെ ഔതാര്യം കൊണ്ട് അഹം യക്ഷിയെ അഹം ദാസ്യാമി ഞാൻ ദാനം ചെയ്യും അഹം മോതിഷ്യേ ഞാൻ ആനന്ദിക്കും ഇതിൽ അജ്ഞാന വിമോഹിത ഇങ്ങനെ അറിവ് കെട്ടവർ ധരിക്കുന്നു ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണല്ലേ ഇത് നമ്മൾ കാണും സമൂഹത്തിൽ കുറെ കാശ് കൈക്കൂലി അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് മേടിച്ചിട്ട് കുറച്ച് അമ്പലത്തിൽ കൊടിമരം സ്വർണം പൊതിയാനും എവിടെയെങ്കിലുമൊക്കെ യജ്ഞം നടക്കുമ്പം അഹം യജമാന േ അത് വേണമെങ്കിൽ ചാപ്റ്ററോ ദിവസോ എങ്ങനെ വേണമെങ്കിൽ പറയാം സ്വാമി ആ യജ്ഞമൊക്കെ കഴിയാറായപ്പോ അല്ലേ പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് ഒരിക്കൽ അതുകൊണ്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്വാമി സ്റ്റേജിൽ വിളിച്ച് ഈ തരുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അത് ഒഴിവാക്കണം എന്നൊക്കെ നമ്മളവരെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേദിയിൽ വന്ന് ഇത് മേടിക്കുന്നത് ഒരിക്കലും അതവരുടെ ഒരു താഴ്മയായിട്ടുള്ള ഒരു അപേക്ഷ ഒരു അഹങ്കാരം വേണ്ട ആളുകൾ കാണേണ്ടെന്ന് പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഇതൊരു സത്കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ആരെയും മേടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ ചെയ്തു എന്നുള്ളത് മാതൃകയാണ് മറ്റു പലർക്കും പക്ഷേ ഞാനാണിന്നത്തെ യജമാനൻ അത് വേണ്ട കാരണം നാളെ യജമാനൻ വേറെ അതുകൊണ്ട് അഹം യക്ഷ്യേ അഹം ദാസ്യം അഹം മോദിഷ്യേ ഇതി അജ്ഞാന വിമോഹിത തുടർന്ന് അനേകചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത അനേക ചിത്ത വിഭ്രാന്താ മോഹജാല സമാവൃത പ്രസക്തമഭോഗു പതന്തി നരകേ അശുചൗ പറയണു തേ അവർ ആസുരബുദ്ധിയാർന്ന അവര് അനേകചിത്ത വിഭ്രാന്താ അവരുടെ മനസ്സ് പല വ്യാപാരങ്ങളിലാണ് മനസ്സിന് ഒരു ശാന്തിയും കിട്ടുന്നില്ല എന്ന് പറയാം എവിടെ നോക്കിയാലും കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ അത് പ്രശ്നം ഭാര്യയുടെ കാര്യം അത് വേറെ അവരുടെ വീട്ടുകാരുടെ അതെ വീട്ടിലെ വേലക്കാരനോ അത് അതിലേറെ കഷ്ടം എന്ന ഒരു വളർത്തുന്നായ പോലുണ്ട് അതും എന്നെ നോക്കി കടിച്ചുകൊണ്ടിരിക്കുക ആകെ പ്രശ്നം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നോപനിഷത്വം മേടിച്ചു കൊണ്ടുപോയത് എന്ന് പറയാൻ അനേക ചിത്ത വിഭ്രാന്താഹ പല കാര്യങ്ങളിലും മനസ്സ് പതിച്ചവരായി പതറിയവരായി മോഹജാല സമാവൃതാഹ മോഹജാലം മാ എന്താ മോഹജാലം ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കും ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണയാകുന്ന വലയിൽ ജാലം എന്ന് പറഞ്ഞാൽ വല എന്നാ ആ വലയിൽ അങ്ങനെ കുടുങ്ങിയിരിക്കുക ആവൃതാഹ അതിൽ കുടുങ്ങി തെറ്റിദ്ധാരണയാകുന്ന വലയിലവർ വീണിയിരിക്കുന്നു കാമഭോഗേഷു ഇന്ദ്രിയ സുഖാനുഭവങ്ങളിൽ പ്രസക്താഹ അതിൽ പറ്റിക്കൂടിയവരായിട്ട് അശുചൗ അശുജവ് എന്ന് പറഞ്ഞാൽ വൃത്തികേടായിട്ടുള്ള നിന്ദ്യമായ നരകേ നരകത്തിൽ നരകം എന്ന് പറഞ്ഞാൽ നരാഹ കായന്തി അത്ര ഇതി നരക നരാഹ നരന്മാർ നരന്മാർ എന്ന് പറഞ്ഞാൽ നേതൃഗുണമാർന്ന് നമ്മളൊക്കെ നരാഹ കായന്തി ഇവിടെ നിലവിളിക്കുന്നു നരന്മാർ നിര നിലവിളിക്കുന്ന ഇടമേതോ അതാണ് നരകം അത് പലപ്പോഴും നഗരാവാറുണ്ട് അതെ അത് നരകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അന്യമായി ഏതെങ്കിലും ഒരു ഗോളമല്ല എവിടെയാണോ നരന് വേദന അനുഭവിക്കുന്നത് അതാണ് നരകം നരന്റെ വേദന നരന്റെ വേദന എന്ന് പറഞ്ഞാൽ നാരിയുടെയും പെടും എന്ന് പറയാം നരനും നാരിയും എവിടെ ദുഃഖം അനുഭവിക്കുന്നുവോ ആ ഇടം നരകം എന്ന് പറയാം അപ്പം നരകേ പതന്തി അവർ അതിൽ വീഴുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവ മണ്ഡലം ഇതാണ് എന്ത് ചെയ്തിട്ടും ഒരു സമാധാനമില്ല ജോലിച്ചരെ കണ്ടു ജോലിശരി പറഞ്ഞു ഇന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരും എന്നാൽ ശരി തീരണ്ടേ തീരുന്നില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ആ അങ്ങനെ പോകുന്നു എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് കരുതി അങ്ങനെ പോകുന്നു ഒരിക്കലും ഈ വഴിയിൽ വരുന്നില്ല എന്ന് പറയാം എന്നാണോ ഇവിടേക്ക് തിരിയുന്ന അന്ന് മാത്രേ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അധിവർത്തിക്കാൻ പറ്റുള്ളൂ തുടർന്ന് ആത്മസംഭാവിതമാനമേജ്വകം ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമതാൻവിതാ യജന്തേ നാമയജ്ഞൈഹി തേ ദമ്പേന അവിധിപൂർവകം ആത്മസംഭാവിതാ തന്നെ താൻ മാനിക്കപ്പെട്ടവരായിട്ടുള്ള തനിയെ താൻ യോഗ്യനാണെന്ന് താൻ അങ്ങോട്ട് കരുതുക മറ്റുള്ളവർ പറയണ്ടേ അതില്ല എന്ന് പറയാ താൻ തന്നെ സ്വയം അങ്ങനെ സ്തബ്ദാഹ സ്തബ്ധെന്ന് പറഞ്ഞാൽ ഒരു ഒരു വഴക്കോ ഒരു എന്താ നമ്മൾ പറയല്ലോ ഒരു വഴക്കമില്ലാത്ത ഒരാള് എന്ന് പറയില്ല സ്തബ്ധ അവർ ഉറച്ച് നിൽക്കുക ആനങ്ങില്ല ധനമാനമതാൻവിതാഹനം കൊണ്ടുണ്ടായിട്ടുള്ളത് അതുപോലെ ആളുകളുണ്ട് കുറച്ച് പിറകിൽ ഇങ്ങനെയൊക്കെ ഉള്ള അതങ്ങട്ട് വരുമ്പോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആളെ അവർ മ്പേന ദമ്പം ഹേതുവായിട്ട് അവിധിപൂർവകം വിധിപ്രകാരമല്ലാത്ത നാമയജ്ഞേ നാമയജ്ഞ എന്ന് പറഞ്ഞാൽ പേരിന് യജ്ഞം പേരിന് മാത്രമുള്ള യജ്ഞങ്ങളൊക്കെ യജന്ത ചെയ്യുന്നു പേരിനെല്ലാം അവര് കാട്ടിക്കൂട്ടുന്നു അപ്പൊ പേരിന് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ എന്നിട്ട് പറയും ഇവര് വളരെ ഭക്തന്മാരൊക്കെയാണ് കേട്ടോ ഭഗവാൻ അതും പറയും മാം ആത്മപരദേഹേഷു പ്രഭ്യസൂയാരം ബലം ദർപ്പം അഹങ്കാരത്തെ ബലം ബലത്തെയും ദർപ്പം ദർപ്പത്തെയും ദർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നിസാരം ഒരാളും ഇവന് സദൃശനായിട്ട് അല്ലെങ്കിൽ ആരും പ്രാധാന്യം അർഹിക്കുന്നില്ല ഇവനാണ് കേമൻ എന്ന് പറയാ മറ്റുള്ളവർക്ക് നിസാരം എന്ത് ചില്ലറ കൊടുത്ത് ഒതുക്കി വെക്കൂ എന്നാ പറയുന്നത് എന്ത് പ്രശ്നം വരുമ്പോഴും ചില്ലറ കൊടുത്ത് ഒതുക്കുക അത് എന്താ വേണ്ടത് പ്രശ്നം തീർന്നില്ലേ എന്നാണ് കാരണം കാശിലാണ് അവനെ എല്ലാം കാണുന്നത് എന്താ പോരേ വേണ്ട എന്താച്ചാ കൊടുക്കൂ കൊടുത്തേക്ക് തീർക്കു തീർക്കു എനിക്കതൊന്നും പറ്റില്ല തീർക്കു വേഗം അങ്ങനെയാ ദർപ്പം കാമം ക്രോധം ച ആശ്രിതാഹ കാമം വിഷയസുഖങ്ങള് ക്രോധം ക്രോധം ആശ്രിതാഹ ഇതിനെയാണ് അവനെ ആശ്രയിച്ചിരിക്കുന്നത് അഭ്യസൂയകാഹ അസൂയാലുക്കളായിട്ടുള്ള തേ അവർ ആത്മപരദേഹേഷു ഭഗവാൻ പറയുന്നു ആത്മ തന്റെയും അന്യന്റെയും ദേഹേഷു ദേഹങ്ങളെ മാം എന്നെ എന്നെ തന്നെ പരമാത്മാവിനെ തന്നെ പ്രദ്വിഷന്ത വിദ്വേഷിക്കുന്നവരായി ഭവന്തി തീരുന്നു അവൻ അവനെ തന്നെ വിദ്വേഷിക്കുന്നവനാണ് കഴിഞ്ഞ ദിവസം മൃത്യുഞ്ജയ മഹാമന്ത്രത്തെക്കുറിച്ച് പറയേണ്ടായി സമയം അതിൻ്റെ സ്വാമി അതിന് വേണ്ടത്ര എന്താണ് മൃത്യുചെയ്യും ജപിക്കണോ അതോ വേണോ വേണ്ടേ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു ഒന്ന് രണ്ടു പേര് സംശയം പറയേണ്ടായി അങ്ങനെ സ്വാമി ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ പറയുന്നതിന് നമ്മുടെ കൂടെ വരണം ഇവിടുന്നൊക്കെ സ്വാമി തന്നെ എന്തെങ്കിലും പറയുന്ന കമൻസിലൊക്കെ നിങ്ങൾ കയറി പിടിച്ചിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഡിസ്കഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കാണ് നഷ്ടം സ്വാമിതും പറഞ്ഞ് സ്വാമി ഇറങ്ങി അങ്ങോട്ട് പോകും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ശാസ്ത്രം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കുള്ളതാണ് നമ്മളിത് വെച്ച് വേറൊരാളെ നോക്കാൻ നിൽക്കരുത് അപ്പൊ നമ്മുടെ ചില പരാമർശങ്ങളൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ യജമാനെ കുറിച്ച് പറഞ്ഞത് ചിലർക്ക് വലിയൊരു ഡിസ്കഷനായിരുന്നു ഡിസ്കഷന് കാരണം അതിന് അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുക അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അപ്പൊ അങ്ങനെയുള്ളവരെ ഈ യജമാനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതേ സമയത്ത് ആർക്കെങ്കിലും എന്നാ ശരി ഞാനും ആയി കളയാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ സ്വാമി എന്താ പറയുക അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് പറയുന്നതിൽ വേദന ഉണ്ടാക്കുന്നുവെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും കാരണം ശാസ്ത്രം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണത് അതുകൊണ്ട് ഇവിടെ ഈ ഒരു സത്കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുന്ന ധനം നമ്മളെപ്പോഴും ഉപനിഷത്തിന് ഉദ്ധരിച്ചാ പറയാറ് ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ വീണ്ടും വീണ്ടും സ്മരിക്കൂ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിരിക്കുക വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളതിനെ ഊതിപ്പെരുപ്പിച്ചിട്ട് സ്വാമി പറയാവോ അങ്ങനെ എത്രയായാലും നന്നായി ഞാൻ അധ്യായ യജമാനാവാൻ അതുകൊണ്ട് അത്തരത്തിലുള്ളതൊക്കെ ഉപേക്ഷിക്കൂ എന്ന് പറയാം നമുക്ക് വളരേണ്ടേ നിവിക്കുക ഇപ്പോഴും ഈ ചളിയിൽ കിടന്നാൽ മതിയോ അപ്പം ഇവിടെ ഇനി ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ഇനി ഒരു റിവിഷനും കൂടിയാണ് വരാൻ പോണത് അപ്പൊ കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ളതൊന്നും ആവരുത് ഏ നമുക്ക് മുറ ആവാം അരിപ്പയാവാം ചോയ്സ് ഈസ് യുവേഴ്സ് ഞാൻ ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് രാമശ്വദേവൻ പറയുന്നില്ലേ എന്താണ് അവൾ മുറം മുറം എന്താ ചെയ്യുന്നത് നല്ലതിനെ സൂക്ഷിക്കുന്നു അത് സ്വാമി പറഞ്ഞാലും ദൈവം തമ്പുരാൻ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമല്ലാത്തതിനെ ഉപേക്ഷിക്കണം സ്വാമിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നിൽ കണ്ട അതിനെ നിങ്ങൾക്ക് നിശിതമായി വിമർശിക്കാം നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പരാമർശങ്ങൾ അനാവശ്യമായത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ തയ്യാറാണ് തീർച്ചയായിട്ടും കാരണം നിങ്ങളെ പോലെയൊക്കെ ഒരാൾ തന്നെയാണല്ലോ നമ്മൾ കുപ്പായത്തിൻ്റെ ഒരു നിറവ്യത്യാസമല്ലേ ഉള്ളൂ അപ്പം അരിപ്പയാകാതിരിക്കും അരിപ്പ ചെയ്യുന്നത് എന്താണ് നല്ലതിനെ മുഴുവൻ ഗീത മുഴുവൻ അരിപ്പയിലൂടെ വിട്ടു എന്നിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുക ഇതങ്ങനത്തെ പുഴു കേടുപാടുകളൊക്കെ അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ ശരി മൃത്യുജയ മഹാമന്ത്രം കാര്യം വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് ജപിക്കാമോ എന്ന് ചോദിച്ചാൽ ജപിക്കാം എന്നാണ് സ്വാമി പറഞ്ഞത് ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഏതെങ്കിലും ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ടുവന്ന് ഇഷ്ടിക നിരത്തിയിട്ട് ഇന്ന് ഇയാൾ എന്ന് വേഗം കൊന്നുതരൂ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഹോമ അല്ല മൂപ്പരൊന്ന് വേഗം പോയി കിട്ടോട്ടെ ആ മത്തന്ന് വള്ളിയാൽ അറ്റു പോകുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് വിട്ടോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ വായു അങ്ങനെ അങ്ങോട്ട് പോട്ടെ അതിനുവേണ്ടിയുള്ളതല്ല പിന്നെയോ മർത്യൻ അമർത്യനാകാൻ അവന് നേരത്തെ കാലത്തെ അറിയാനുള്ളതാണ് ത്രയംബകം വിസ്തരിച്ചതാണ് മൂന്ന് കണ്ണുകൾ എന്താണ് മൂന്ന് കണ്ണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ ത്രയംബകം യജാമഹേ വയം യജാമഹേ ഞങ്ങൾ അങ്ങയെ യജിക്കുന്നു പൂജിക്കുന്നു ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം അങ്ങയുടെ എന്താ സുഗന് സുഗന്ധം അങ്ങെ എന്തൊക്കെ തരുന്നുവോ ഈ ലോകത്തിൽ നിന്ന് തരുന്നതെല്ലാം ഞങ്ങളുടെ പുഷ്ടിയെ വർദ്ധിപ്പിക്കാൻ പോന്നതാണ് എല്ലാം തന്നെ പ്രാണൻ ഉൾപ്പെടെ ജലം എല്ലാം സുഗന്ധ്യം പുഷ്ടി വർധനം ഉർവാാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷിയ ഉർവാരുകം പറഞ്ഞു മാതളമത്തൻ അതിന്റെ വള്ളിയിൽ നിന്ന് എങ്ങനെയാണ് വിടുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് നാം എല്ലാ അനുഭവങ്ങളെയും അനുഭവിച്ച് ഒരു പാകത ആ പാകതയിൽ നിന്ന് എന്തു വേണം ഇതിൽ നിന്ന് വിടണം മാ അമൃതാദ് അമൃതത്തിൽ നിന്ന് വിടരുത് എന്നാ ഇതാണൊന്ന് സംശയം എന്താ പറയാ തീർന്നില്ലയെന്ന് പറഞ്ഞത് മുക്ഷീയ മാം അമൃതാദ് മാ അമൃതാദ് അമൃതാദ് മാ നിന്ന് അമൃതത്തിൽ നിന്ന് എന്നെ വിടിവിക്കരുത് പിന്നെയോ മൃത്യുവിൽ നിന്ന് എന്നെ വിടിവിക്കണം മുൻപ് പറഞ്ഞ രണ്ട് പൂട്ടുകളെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് രണ്ട് പൂട്ടുകളുണ്ട് ഒന്ന് അകത്തുനിന്ന് പൂട്ടാം ഒന്ന് പുറത്തുനിന്ന് പൂട്ടാം അകത്തിലെ പൂട്ടിന്റെ താക്കോൽ ആരുടെയിലാണ് നമ്മുടെയിലറത്തുള്ളതോ വേറെ ആരുടെയാണ് പുറത്തുള്ള പൂട്ടാണ് മൃത്യു എന്ന് പറയുക എന്നിട്ടോ അകത്തുള്ള പൂട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് അമൃതം അത് എനിക്കെന്ത് വേണം അമൃതവുമായിട്ടുള്ള ബന്ധം വേണം ഇപ്പം എനിക്ക് ഈ അമൃതവുമായിട്ടുള്ള ബന്ധം എന്നിൽ വിട്ടിരിക്കുകയാണ് ഉപനിഷത് ശാന്തി മന്ത്രത്തിൽ ഇതിനെ വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് ആപ്യായു മമാങ്കാനി വാക്പ്രാണശ്ചക്ഷു ശ്രോത്രമതോ ബലം ഇന്ദ്രിയാണിച്ച് സർവാണി സർവം ബ്രഹ്മോപനിഷതം മാഹം ബ്രഹ്മനിരാകുര്യാം മാമാ ബ്രഹ്മനിരാകരോദ് ബ്രഹ്മത്തെ ഞാൻ നിരാകരിക്കാതിരിക്കട്ടെ ബ്രഹ്മം എന്നെ നിരാകരിക്കാതിരിക്കട്ടെ അതിൻ്റെ വേറൊരു വശമാണിത് അമൃത അമൃതത്വത്തിൽ നിന്ന് ഞാൻ വിടാതിരിക്കട്ടെ അതുമായിട്ട് എനിക്ക് ചേർച്ച വേണം എപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വിടുക നശ്വരമായത് ശാശ്വതമാണെന്ന് കരുതുമ്പോൾ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും സത്യമെന്ന് കരുതുമ്പോൾ ഞാൻ എന്തായി മൃത്യുവിൻ്റെ പിടിയിലായി അപ്പൊ ഞാൻ അമൃതത്വത്തിൽ നിന്ന് വിട്ടു അതുകൊണ്ട് പറയുന്നു മൃത്യുവിൽ നിന്ന് എന്നെ വിടിയിച്ച് അമൃതത്വത്തിൽ നിലനിർത്തു ക്ലിയർ ഇതാണ് മൃത്യുജയ മഹാമന്ത്രത്തിൻ്റെ താത്പര്യം അതുകൊണ്ട് ഇത് ഇത് മരണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ പ്രായമായി അസുഖമായി ഇങ്ങനെ വേഞ്ഞ് വലിക്കുമ്പോൾ എന്നാ ശരി ഇതങ്ങോട്ട് തുടങ്ങിക്കോളൂ അല്ലെങ്കിൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമാണ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്നൊന്നുമില്ല എന്ന് പറയാ അതുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ മൃത്യുഞ്ജയ മഹാമന്ത്രം അതുപോലെ ഗായത്രി ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ ശരി ഭഗവാൻ ആസുരികമായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു അഹങ്കാരം ബലം ദർപ്പം അഹങ്കാരത്തെയും ബലം ബലത്തെയും ദർപ്പം ദർപ്പത്തെയും ദർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നിസാരം ഒരാളും ഇവന് സദൃശനായിട്ട് അല്ലെങ്കിൽ ആരും പ്രാധാന്യം അർഹിക്കുന്നില്ല ഇവനാണ് കേമൻ എന്ന് പറയാം മറ്റുള്ളവർക്ക് നിസാരം എന്ത് ചില്ലറ കൊടുത്ത് ഒതുക്കി വെക്കൂ എന്നാ പറയുന്നത് എന്ത് പ്രശ്നം വരുമ്പോഴും ചില്ലറ കൊടുത്ത് ഒതുക്കുക അത് എന്താ പ്രശ്നം തീർന്നില്ലേ എന്നാണ് കാരണം കാശിലാണ് അവനെ എല്ലാം കാണുന്നത് എന്താ പറയേ വേണ്ട എന്താച്ചാ കൊടുക്കൂ കൊടുത്തേക്ക് തീർക്കു തീർക്കൂ എനിക്കതൊന്നും പറ്റില്ല തീർപ്പ് വേഗം അങ്ങനെയാ ദർപ്പം കാമം ക്രോധം ച ആശ്രിതാഹ കാമം വിഷയസുഖങ്ങൾ ക്രോധം ക്രോധം ആശ്രിതാഹ ഇതിനെയാണ് അവനെ ആശ്രയിച്ചിരിക്കുന്നത് അഭ്യസൂയകാഹ അസൂയാലുക്കളായിട്ടുള്ള തേ അവർ ആത്മ പര ദേഹേഷു ഭഗവാൻ പറയുന്നു ആത്മ തൻ്റെയും പര അന്യന്റെയും ദേഹേഷു ദേഹങ്ങളെ മാം എന്നെ എന്നെ തന്നെ പരമാത്മാവിനെ തന്നെ പ്രദ്വിഷന്ത വിദ്വേഷിക്കുന്നവരായി ഭവന്തി തീരുന്നു അവൻ അവനെ തന്നെ വിദ്വേഷിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ അറിയുന്നില്ല അവന്റെ മഹത്വം അവനെങ്ങനെയാണ് അവനെ നിന്ദിക്കുന്നത് എന്ന് അവനറിയുന്നില്ല തുടർന്ന് താൻ അഹം ദ്വിഷത കൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിഭാമി അജസ്രം അശുഭാൻ ആസുരീ ആസുരീഷു യോനിഷു ദ്വിഷത ദ്വേഷിക്കുന്നവരായിട്ട് ഈ എന്തൊക്കെയാണോ ഭഗവാൻ ഇതുവരെ പറഞ്ഞത് ആ പ്രകാരത്തിലൊക്കെ ദ്വേഷിക്കുന്നവരായി ക്രൂരാൻ അശുഭാൻ നരാധമാൻ ക്രൂരാൻ നിർദ്ദയരായി ഒന്നിനോടും ഒരു കാരുണ്യമോ ദയോ കൂടാതെ അശുഭാൻ അശുഭങ്ങളായ വൃത്തിഹീനങ്ങളായിട്ടുള്ള നരാധമാൻ മനുഷ്യാധമന്മാരായിട്ടുള്ള താൻ അവർ സംസാരേഷു സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ നമ്മുടെ നിത്യജീവിതത്തിലെ ജീവിതത്തിൽ ആസുരീഷു യോനിഷു ഏവ ആസുരികളായിട്ടുള്ള ആസുരമാർന്ന ഭാവത്തെ സ്വീകരിച്ചിട്ടുള്ള യോനിഷു യോനികളിൽ തന്നെ ഏവ അതിൽ തന്നെ അഹം ഞാൻ അജസ്രം എന്ന നേക്കുമായിട്ട് ക്ഷിപാമി തള്ളിയിടുന്നു ക്ഷേപിക്കുന്നു എന്നെ നിക്ഷേപിക്കുന്നു എങ്ങനെ ഇങ്ങനെയുള്ള അടുത്ത് നല്ല ക്രിസ്റ്റലില് അകത്തിരിക്കുന്നത് സൈനൈഡ് എന്ന് പറയില്ലേ ഇതുപോലെ അങ്ങനെ നിക്ഷേപിച്ചിരിക്കണോ എന്താ ചെയ്യുക ഭഗവാൻ പറയുന്നു എന്നെ ഇവരങ്ങനെ തളച്ചിരിക്കുന്നു ഞാൻ തളയപ്പെ എന്താ എന്നെ ഇവരാൽ ഞാൻ അടിമപ്പെട്ടിരിക്കണോ അല്ലെങ്കിൽ നിസ്സഹായനായിട്ടിരിക്കണോ ഇത് നമ്മളെ ഭഗവാൻ ഇങ്ങനെ നിസ്സഹായനൊന്നുമല്ല പക്ഷേ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ആ ഉള്ളിലെ സത്തം എപ്രകാരം മറയപ്പെട്ടിരിക്കുന്നു അതിനെ അതിനെന്താ അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ആ തടവറയിൽ നിന്ന് നാം അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറയാം ചക്രവർത്തി ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ബോധിധർമ്മനോട് മനഃശാന്തി വേണം എന്ന് പറയുന്നുണ്ട് മനസ്സിന് ശാന്തിയില്ല മനഃശാന്തി വേണമെന്ന് പറഞ്ഞു അപ്പം ബോധിധർമ്മൻ അദ്ദേഹത്തിനോട് പറയും അങ്ങനൊരു കാര്യം ചെയ്യും നാളെ രാവിലെ വരും നാളെ രാവിലെ വരുമ്പം മനസ്സും കൂടെ കൊണ്ടുവരണം അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല ഏതായാലും പോയിക്കോളാൻ പറഞ്ഞു പോയി രാത്രി കിടന്നുറങ്ങുമ്പം കിടത്തു നിന്നിട്ട് ഉറക്കം വരുന്നില്ല എന്താ ഇയാൾ പറഞ്ഞു ഇയാളൊരു ഭ്രാന്തനാണെന്ന് പറയാം മനസ്സങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ഒന്നാണ് പക്ഷേ എന്തോ സംഭവമുണ്ട് അങ്ങനെ ചെന്നു ബോധിധർമ്മൻ ഇത് തന്നെ പറഞ്ഞു എവിടെ മനസ്സ് എവിടെയെന്ന് വെച്ചു അപ്പോൾ ഇദ്ദേഹം ചക്രവർത്തി വെച്ചു നിങ്ങളെന്ത് വിട്ടിത്തരാ പറയണത് മനസ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണോ മനസ്സ് എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ അപ്പൊ ഒന്നാമത്തെ പാഠം പഠിച്ചു മനസ്സ് ഉള്ളിലാണല്ലോ അതേ മനസ്സുള്ളിൽ തന്നെയാണ് എന്നാൽ ശരി ഒരു കാര്യം ചെയ്യൂ കണ്ണടയ്ക്കൂ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നോളാം കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക മനസ്സിനെ നോക്കുക എന്നിട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറയാ ഞാൻ ശാന്തി ഉണ്ടാക്കിത്തരാം ഇത്രയേ പറഞ്ഞുള്ളൂ പക്ഷെ ചക്രവർത്തി ഇരുന്നു ഉള്ളിലേക്ക് നോക്കി കണ്ടെത്തി പിന്നെ ബോധിധർമ്മന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല പറയാം അതുകൊണ്ട് നമ്മളെ നഷ്ടപ്പെടുത്തരുത് അങ്ങനെ എന്നിട്ട് മനസ്സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓടി നടക്കുക ഇങ്ങനെ ഓരോന്ന് ചെയ്യുക ഓരോരുത്തരെ വകവരുത്തുക നാളെ ചിലരെ വകവരുത്താനുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക തുടർന്നു ആസുരീം യോനി മാമപ്രാപ്യാന്തേ ആസുരീം യോനിം ആപന്നൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യവ കൗന്ദേയ തതഹ യാന്തി അധമാം എന്താ സംഭവിക്കുന്നത് അർജുന ഹേ കൗന്ദേയ ആസുരീം യോനിം ആപന്നാഹ ആസുരമായ യോനിയെ പ്രാപിച്ചിട്ടുള്ള തേ മൂടാഹ ആ മൂടന്മാർ അജ്ഞാനികള് ം അപ്രാപ്യയേവ എന്നെ പ്രാപിക്കാതെ തന്നെ അവരെന്നെ അറിയുന്നു പോലും ഇല്ല എന്ന് പറയാ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയാന്നുള്ളതാണ് അതുപോലും ചെയ്യാതെ ജന്മനി ജന്മനി ജന്മങ്ങൾ തോറും എന്ത് ചെയ്യുന്നു തതഹ അതിനേക്കാൾ താഴ്ന്ന് ഗതിമിയാന്തി ഗതിയെ പ്രാപിക്കുന്നു അപ്പൊ ഇവനെങ്ങനെ പ്രമോഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ ഒരു ഈ ജന്മത്തിൽ ഒരു മൂടൻ തരക്കേടില്ലാത്ത മൂടത്തരത്തിൽ ഒരു ഡിഗ്രിയുള്ളൂ അടുത്തതിൽ ഒരു അഞ്ച് ഡിഗ്രി ഉള്ള ആളുടെ മോനായിട്ട് ജനിക്കും പിന്നെ ഇവൻ അതിലും വലിയ മൂടനാവുമെന്ന് പറയും ഇങ്ങനെ ജന്മനി ജന്മനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ല ഇതേതായി എവിടെയൊക്കെയാണ് ഈ പോകുന്നത് എങ്ങനെയാ പോകുന്നത് സ്വാമി അതൊന്ന് പറഞ്ഞു തരുമോ ഈ ജന്മനി ജന്മനി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയണം ഈ പോകാൻ മൂന്ന് വാതിലുണ്ട് എന്നാ മൂന്ന് വാതിലുകൾ ഏത് വാതിലിലൂടെ പോയാലും ഇവിടെ എത്തും ഏതൊക്കെയാണ് ആ വാതില് അടുത്തതാണ് ത്രിവിധം ദ്വാരം കാമക്രോധോ ത്രിവിധം ത്രിവിധം നരകം ദ്വാരം നാശനമാത്മന കാമ കോധാ താ ലോഭ തസ്മാ ഏതത്രയം തൃജേത് ഈ മൂന്ന് വാതിലും ഉപേക്ഷിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് തസ്മാ അതുകൊണ്ട് ഏതത്രയം ത്യജേത് ഈ മൂന്നിനെയും ഉപേക്ഷിക്കൂ ഏതൊക്കെയാണ് മൂന്ന് കാമഹ കാമം ആഗ്രഹം ക്രോധ കോപം തഥാ അപ്രകാരം തന്നെ ലോപ അത്യാഗ്രഹം അത്യാശ ഇത്യാദി ഇതം ത്രിവിധം ആത്മനഹ നാശനം ഈ മൂന്ന് വിധമാണ് ആത്മാവിനെ നശിപ്പിക്കുന്നത് ആത്മാവിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാല് അറിയാതിരിക്കാൻ ഹേതുവായി തീരുന്നത് നാശനം നരകസ്യ ദ്വാരം ഇതാണ് നരകത്തിന്റെ വാതിൽ വേറെ ഒരു ബുദ്ധന്റെ ശിഷ്യ ബുദ്ധ ശിഷ്യന്റെ അടുത്ത് ഇതുപോലെ ഒരു രാജാവ് ചെല്ലുന്നു എന്നാ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ് നരകമുണ്ടോ സ്വർഗമുണ്ടോ എന്നാ അപ്പൊ ഈ ചോദ്യം കേട്ട ഗുരു ഈ രാജാവിനെ അധിക്ഷേപിച്ചു ഉടനെ ഇദ്ദേഹം വാളെടുത്തു എന്നാണ് പറഞ്ഞു ഇതാ നരകം ക്ഷമിക്കണം പറഞ്ഞു ഇതാ സ്വർഗം എപ്പോഴാണോ ഇതെടുക്കുന്നത് അപ്പൊ നമ്മൾ നരകത്തിലേക്കാം എപ്പോഴാ ഉള്ളിൽ വയ്ക്കുന്നത് അപ്പൊ സ്വർഗം ഇവിടെ തന്നെയാണെന്ന് പറയുക ഇത് ഈ ഗൈറ്റിൽ ഇതിൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ വാതിലൂടെ പോയി ഈ വാതിലൂടെ വന്നു ഇതിലൂടെ പോയി ഇതിലൂടെ വന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മൂന്ന് വാതിൽ അപ്പൊ ഏത് വാതിൽ പോയി കഴിഞ്ഞാലും അവിടെ എത്തും സാധാരണ ഒരു വാതിലാണ് ഒരു സ്ഥലത്തേക്കൊക്കെ ഉണ്ടാവുക ഇവിടെ എന്താ പറയാ ആളുകൾ ഒരുപാടുണ്ട് അപ്പം തിരക്ക് കൂടുതലാണ് അപ്പൊ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഭഗവാൻ വാതിലുകളുടെ എണ്ണം കൂട്ടി മൂന്നെണ്ണമാക്കി പക്ഷെ ഭഗവാൻ പറയുന്നു ഇതിനെ ഉപേക്ഷിക്കണം ഏതത്രയം ചെയ്ത് ഈ മൂന്ന് വാതിലിനെയും ഉപേക്ഷിക്കും അതുകൊണ്ട് എന്താ വേണ്ടത് ഞാൻ എനിക്ക് വേറെ വാതിലൊക്കെ പറഞ്ഞു അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് വരുന്ന ദിവസങ്ങൾ വേറെ നല്ല വാതിലുകളുണ്ട് നിനക്ക് വാതിൽ ഞാൻ തരാം ഊഗ്രം വാതിൽ നാളെ ഭഗവാൻ ആസുരികമായിട്ടുള്ള ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു ത്രിവിധം നരകസ്യ മൂന്ന് പ്രകാരത്തിലുള്ള നരകങ്ങൾ ഏതൊക്കെ നരകത്തിലേക്കുള്ള ദ്വാരം മൂന്നെണ്ണം വാതിലുകൾ ഏതൊക്കെയാണ് കാമക്രോധ തഥാ ലോപ എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി ചില മതങ്ങൾ നരകത്തിന്റെ വാതിലായി വിശേഷിപ്പിക്കുന്നത് സ്വാമി ചിലതൊക്കെ പരാമർശിക്കുമ്പം അതും ഇതുപോലെ നിങ്ങൾ ഇതിന് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിക്കണം കാരണം പല മതങ്ങളുടെ സ്വാധീനം നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ ഏത് മതസ്ഥനാണോ എന്നുള്ളത് വിഷയം വേറെ പക്ഷെ പല മതങ്ങളുടെ പല തരത്തിലുള്ള സ്വാധീനം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്ന് പറയാം അതുകൊണ്ട് ശാസ്ത്ര വിചാരത്തിലും ഈശ്വരൻ എന്ന് പറയുന്ന കാര്യത്തിലും നരകം എന്ന് പറയുന്ന കാര്യത്തിലുമൊക്കെ നമുക്ക് നമ്മളെ ചില മതങ്ങളുടെയൊക്കെ സ്വാധീനമുണ്ട് അപ്പൊ അവിടെ പറയുന്നത് നരകത്തിലേക്കുള്ള വാതിലാണത്ര സ്ത്രീ ഇത് ഭാരതീയ സമ്പ്രദായത്തിന് ഭാരതീയ മതത്തിന് ഋഷി മതത്തിന് ഇത് തികച്ചും വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് അതുകൊണ്ട് ശാസ്ത്രം പറയുന്നത് നരകം എന്ന് പറയുന്നത് ഇത് മൂന്നെണ്ണാണ് ഇത് കാമഹ ക്രോധഹ ലോഭ അല്ലാതെ സ്ത്രീ അല്ലെങ്കിൽ ധനമല്ല പറയുന്നത് അങ്ങനെയാണ് ധനവും സ്ത്രീയുമാണ് അത്ര വാതിൽ അതെങ്ങനെയാണ് അത് എന്തെങ്കിലും വിഡ്ഢിത്തരം അങ്ങോട്ട് പറഞ്ഞൂട് തന്നെയാണ് അതെ ഇങ്ങനെ എന്തൊക്കെ വിഡിത്തരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നറിയാം ഇതിനൊന്നും ആരും ഒരു ചോദ്യവും ചെയ്യാറില്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അത് ആരിലായാലും കാമഹ ക്രോധ തഥാലോപ ഇതാണ് മൂന്നും പറയണോ ഇതം ത്രിവിധം ആത്മനഹ നാശനം നരകസ്യ ദ്വാരം നമ്മുടെ തന്നെ നാശത്തിന് ഹേതുവായിട്ടുള്ള ദ്വാരമാണ് അതങ്ങനെ തുറന്നിരിക്കുക എതിൽ വേണമെങ്കിലും കയറി ഇറങ്ങാം എന്ന് പറയാം അതുകൊണ്ട് ഏതത്രയം ത്യജേത് ഈ മൂന്നിനെ നീ ത്യജിക്കേണ്ടതുണ്ട് തുടർന്ന് ഭഗവാൻ പറഞ്ഞു ഈ ശ്ലോകം ചൊല്ലിയോ ചൊല്ലു या तमोद्वारिंग विमुक् हे कौंदेय तमोद्वारि नर आचरदी आत्मन श्रेय ताति परांगति അല്ലയോ അർജുന ഹേ കൗന്ദേയ തമോദ്വാരൈഹി തമസ് ഇരുട്ട് അജ്ഞാനം അജ്ഞാനത്തിൻ്റെ വാതിലുകൾ വഴികൾ ദ്വാരം പ്രവേശന കവാടം ഏദൈഹി ഏതൈഹി എന്ന് പറഞ്ഞാൽ ഈ ത്രിഭി മൂന്ന് മൂന്നിനോടും വിമുക്ത വേർപെട്ടവനായ നരഹ ഈ മൂന്ന് വാതിലുകളിൽ നിന്നും വിട്ടിട്ടുള്ള നരൻ ആത്മനഹ ശ്രേയ ആത്മാവിൻ്റെ തൻ്റെ തന്നെ ശ്രേയസിനായിക്കൊണ്ട് ആചരതി പ്രവർത്തിക്കുന്നു അവൻ എന്ത് ചെയ്യുന്നതും അവൻ്റെ ഒരു ശ്രേയസിനാണെന്ന് പറയാം ആത്മലാഭത്തിനായിക്കൊണ്ട് ഏത് കർമ്മവും അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ എല്ലാ കർമ്മവും ഈ ആത്മലാഭത്തിനാക്കിക്കൊണ്ടുള്ളതാക്കിയത് അതുകൊണ്ട് എല്ലാ കർമ്മവും ഈശ്വര പൂജയാണെന്നാണ് പറയാം അതുകൊണ്ട് നമ്മുടെ വൈദിക ധർമ്മത്തില് ഈശ്വരന്റേത് എന്നും വേറെ ലൗകികൻ അങ്ങനെയൊന്നുമില്ല തിരിച്ചിട്ടില്ല എല്ലാ കർമ്മവും പൂജയാണ് എന്ന് പറയാം ആത്മനഹ ശ്രേയഹ ആചരതി അവൻ ആത്മാവിന്റെ നന്മയെ സ്വരൂപ സാക്ഷാത്കാരത്തിനായി സ്വരൂപ അവൻ എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു തഥ അനന്തരം അതിൽ നിന്ന് പരാം ഗതിം ചാതി അവനെ പരമമായ ഗതിയെ അവൻ പ്രാപിക്കുന്നു അല്ലാത്തവനോ അധോഗതിയെ പ്രാപിക്കുന്നു അവൻ വിഷയസുഖങ്ങള് നിത്യമാണ് ശാശ്വതമാണ് എന്ന് കരുതി അതിനു വേണ്ടി പ്രയത്നിക്കുന്നു അത് ഏത് അത് ഈ ഗർത്തങ്ങളായിട്ടുള്ള തമോ ഗർത്തങ്ങളില് കൊണ്ടുപോയി ഒരുവനെ തളയ്ക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് ഭഗവാൻ ഈ അധ്യായത്തെ അർജുനനോട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിച്ച അധ്യായം ഉപസംഹരിക്കാൻ പോവുക നോക്കാം യം ഉത്സൃജ്യാമകാര സിദ്ധിം അവാതി നുഖം നാദു ശാസ്ത്രവിധിം ഉത്സൃജ്യ ശാസ്ത്രവിധിയെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അവൻ ഉപേക്ഷിച്ചിട്ട് ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് കാമകാരത അവന് തോന്നിയവണ്ണം അവൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു സ്വാമിജി ഇതൊരാളുടെ ചോദ്യം മാത്രമല്ല എല്ലാവരുടെയും ചോദ്യമാണ് അതെ നമ്മുടെ മനസാക്ഷിക്ക് തോന്നുന്നത് ശരി എന്ന് തോന്നുന്നതൊക്കെ ശരിയല്ലേ ഇതിലേ നമ്മുടെ ഈ മനസാക്ഷിയെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത് ഇവര് വലിയ നാടകം ഗ്രൂപ്പ് ഒരു ട്രൂപ്പുണ്ട് ഉള്ളില് ഇപ്പൊ നമ്മള് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോന്ന് ചി ഓരോരോ ചിന്തകളുണ്ട് അതിനെയാണ് നമ്മൾ മനസ്സാക്ഷി എന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്കൊരു നല്ലൊരു കോട്ടിട്ടിട്ടിങ്ങനെ പറയാം ഞാനാണ് മനസ്സാക്ഷി എന്ന് ഇങ്ങനെ ഉണ്ടാവും ചോദ്യം ഇതാണ് ശരിയേത് തെറ്റേത് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ശരി എന്ന് തോന്നുന്നത് ഞാനങ്ങോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ശരി തന്നെയാണ് പക്ഷേ കുറേ കൂടെ ആഴത്തിലുള്ള ചിന്ത ആവശ്യം എന്ന് പറയാം എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നതെന്ന് നമ്മൾ സാധാരണ പറയാറ് എനിക്ക് തോന്നുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പുതിയ നിർവചനാണത് ധ്യാനത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ശരി തന്നെയാണ് അതിനൊരു ധ്യാന ആവശ്യമാണ് പക്ഷേ ആ ശരി തൻ്റെ ശരി അപരന് ഒരിക്കലും അതൊരു ദ്രോഹാവില്ല അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം അതുകൊണ്ട് അതേ ഉണ്ടാവൂ ഇതാണ് അതിലേക്കുള്ള പ്രമാണം എന്ന് പറയാം അപ്പൊ ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നുണ്ട് കാമകാരത അവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവനവൻ അതിന് അവൻ അതിൻ്റെതായിട്ടുള്ള എന്താ നിർവചനങ്ങളൊക്കെ നൽകും പ്രവർത്തന്തേ അവൻ അങ്ങനെ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവോ സഹ അവൻ സിദ്ധിം സിദ്ധിയെ നേടേണ്ടതിനെ നവാപ്നോതി അവൻ പ്രാപിക്കുന്നില്ല അവൻ കിട്ടേണ്ടതിന് കിട്ടുന്നില്ല എന്ന് പറയാം സുഖം അവന് സുഖവുമില്ല പരാംഗതി നച്ച അവന് പരമമായ ഗതിയും കിട്ടുന്നില്ല ഇനിയാണ് ഭഗവാൻ എന്താ അടുത്ത ശ്ലോകത്തിൽ ഭഗവത്ഗീതയുടെ എന്നല്ല നമുക്ക് മുഴുവൻ നമ്മളോട് വളരെ എന്താ പറയുക ശക്തമായിട്ട് അടുത്ത ശ്ലോകം കൊണ്ട് നമ്മളോട് പറയുന്നു ഈ ശ്ലോകം അനുസന്ധാനം ചെയ്യുമ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യമാവണം അത്രയും ഒരു ഉറപ്പോടുകൂടിയിട്ടാണ് ഭഗവാൻ അടുത്ത ശ്ലോകം അർജുനന്റെ മുൻപില് അവതരിപ്പിക്കുന്നത് പ്രമാണംവസ്ഥോ ജ്ഞാ ശാസ്ത്രവിധാനോക്തം കർമ്മർത്ത ീമത്ഗീതുനിഷത്സു ബ്രഹ്മവിദ്യോസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാ ദൈവാസുരസം വിഭാഗയോ ഷോടോധ്യ തസ്ാസ്ത്രം പ്രമാണം തേ കാര്യവസ്ഥ ശാസ്ത്ര വിധാന വിധാന ഉക്തം കർമ്മകർത്തും ഇഹ അർഹസി ഇതിന് നമ്മളോട് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഭഗവാൻ അർജുനോട് ചോദിക്കുന്നു എടോ അർജുന നീ ഇതിന് തയ്യാറാണോ എന്താ സ്വാമി എന്താ എന്താ പറയണു പറയൂ പറയാം പറയണു തസ്മാത് അതുകൊണ്ട് ഏതുകൊണ്ട് പിറകിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം ഇന്നതൊക്കെ കൊണ്ട് മൂന്ന് ദ്വാരങ്ങളെ പറഞ്ഞിട്ടുണ്ട് മരകത്തിലേക്ക് പ്രവേശിക്കാനുള്ളതും അതിനെ അതിവർത്തിക്കാൻ വേണ്ടതും എല്ലാം പറഞ്ഞിട്ടുണ്ട് തസ്മാത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഏതുകൊണ്ടെന്നാൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞുവോ അതുകൊണ്ട് നിനക്ക് കാര്യകാര്യ വ്യവസ്ഥിതോ കാര്യകാര്യ നിർണയങ്ങളിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട ഈ ഒരു വിഷയത്തിൽ ശാസ്ത്രം പ്രമാണം നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് തരുന്ന ഏറ്റവും കരുത്തുറ്റ ഒരു സന്ദേശമാണ് നമ്മുടെ ചെയ്തികൾക്കെല്ലാം ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ അത് അത്തരത്തിലാണോ ഇതാണ് നമ്മുടെ ചോദ്യം ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ ഏതൊക്കെ പന്താവിലൂടെ അവന് യാത്ര ചെയ്യണമോ അവൻ്റെ വഴികൾ ഏതൊക്കെയാണോ ആ വഴികളിലൊക്കെ അവനെ സഹായിക്കാൻ അവന് വ്യക്തമായ ദിശാബോധം നൽകാൻ പോകുന്ന കരുത്തുറ്റ ശാസ്ത്രമാണോ നമ്മുടേത് എന്നൊരുവന് സംശയം ഉണ്ട് എങ്കിൽ അതേ എന്നാണ് ഉത്തരം വേറെ എവിടെയും കാണില്ല നിങ്ങൾ ഇത് സ്വാമി ഇതിൻ്റെ ഒരു വക്താവ് എന്ന ഒരു അഡ്വർടൈസ്മെന്റ് നടത്തുകയല്ല പക്ഷേ ഇല്ല ഇന്ന് നിലവിലില്ല എവിടെയാ സംസ്കാരം തുടങ്ങുന്നത് പല പ്രകാരത്തിൽ പറയുന്നു സംസ്കാരത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് വിവാഹമാണ് ഒന്ന് എങ്ങനെ വിവാഹം കഴിക്കണം വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ എന്താ എന്തൊക്കെയാണ് വേണ്ടത് അത് ഹോളിന്റെ ഒഴിവാണോ ആദ്യം നോക്കേണ്ടത് അല്ല വിസയുടെ കാലാവധിയാണോ അല്ല പക്ഷേ നമ്മൾ ഇന്ന് നോക്കുന്നത് അതൊക്കെയാണ് പൊരുത്ത് അങ്ങനെ പൊരുത്തമില്ല ഒപ്പിച്ചുകൂടെ എന്നാൽ ശരി ഒപ്പിക്കാം ഒപ്പിക്കൽ വിവാഹത്തിലില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ വിവാഹം അതിൻ്റെ വളരെ വളരെ ഏറ്റവും പവിത്രമാർന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം പുഷ്പിക്കുന്നതിനും എന്താ പറയുക പാകത വരുന്നതിനും ഒക്കെ ഒരു കാലമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ബന്ധപ്പെടുന്നതിനും അവന്റെ വിവാഹം കഴിക്കേണ്ടുന്ന സമയമുണ്ട് പണ്ടൊക്കെ അത്തരം സമയത്ത് മാത്രമേ വിവാഹമുള്ളൂ ഇന്നങ്ങനെയല്ല ആണോ ഒന്നങ്ങനെയാണോ അല്ല നിങ്ങൾ അത്ഭുതപ്പെട്ടു കർക്കിടകത്തിൽ ഏത് മാസ കല്യാണം കർക്കിടകത്തില മലയാളത്തിൽ ഏതൊക്കെ മാസ കല്യാണം നടക്കാറ് കന്നി മാസം അല്ലേ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോണു അറിയാം സ്വാമി ഏതായാലും ആലോചനയൊന്നുമില്ല ഇനിയിപ്പോ സ്വാമിക്ക് അറിയാലോ പക്ഷെ ചില വിഡ്ഢികൾ പറയുന്നു അതൊക്കെ പണ്ട് എന്താ ഇവൻ പറയുന്നത് മനസ്സിലാകേണ്ടി വയ്ക്കും അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞ പണ്ടുള്ള പൂർവികന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് വായലൂടെയായിരുന്നു ഇപ്പൊ ഇവൻ എങ്ങനെയാ എടോ പണ്ടുള്ളത് ഇപ്പോഴും പണ്ടുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ല ഒരു സമയം ആ സമയം അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് നോക്കേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വാമി പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അതായത് സ്ത്രീയുടെ ആർത്തവം മാസമുറ വളരെ പ്രധാനമാണ് അതുമുതൽ എന്തിനാണ് കരുത്തുറ്റ ഒരു സൃഷ്ടിവർഗത്തെ ഒരു സംസ്കാരത്തെ ഒരു കുടുംബ ബന്ധത്തെ ഉണ്ടാക്കാൻ പോവുകയാണ് അത് മുതൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് അവര് തമ്മിൽ ഒന്നിക്കേണ്ടത് ഏത് സമയത്താണ് വിവാഹം ചെയ്യേണ്ടത് ആ സമയത്ത് ആരൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ മറ്റ് പലതും നമ്മളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അവരൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അത് നിങ്ങളൊക്കെ ഇവിടെ ആറര മണിക്ക് റെഡിയായിട്ടിരിക്കണം ഏ സ്വാമി ഒരു ഏഴ് മണിക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടോ സ്വാമി പറയുന്നത് ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആറര മണിക്ക് ഇവിടെ റെഡി ആയിട്ട് കാത്തിരിക്കുക സ്വാമി അപ്പോഴാണ് സ്വാമിയുടെ വരവ് ഒരു ഏഴേ മുക്കാലിന് അപ്പ നിങ്ങളെ ആർക്ക് നഷ്ടപ്പെടുന്നു സ്വാമിക്ക് നഷ്ടപ്പെടുന്നു ഇപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാവരും നമുക്ക് വേണ്ടി പലതിനും പലതും തയ്യാറാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആ സൗഭാഗ്യം കിട്ടാതെ പോകുമ്പം നമ്മൾ പ്രകൃതിക്ക് അപരിചിതനമാകും അപരിചിതനാകുന്നു നമ്മുടെ സന്താനം അത് തന്നെ അവൻ പ്രകൃതിക്കെതിരാവുന്നു ഇതിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മുതൽ അവിടെയാണ് ഒരു ഒരു ശിശുജാതമാകുന്നതാണല്ലോ സംസ്കാരത്തിൻ്റെ ആരംഭം അപ്പം വിവാഹത്തിന് മുൻപ് ഈ വരനിൽ നിന്ന് വേണം വധു കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ എന്നാ ഗുരുകുല വിദ്യാഭ്യാസം വേണ്ടത്ര പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടില്ല അത് അവരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല കാരണം ഇവനിൽ നിന്ന് ഇവളിത് ഗ്രഹിക്കണം ഈ ആജ്ഞവൽക്കണിയിൽ നിന്നാണ് മൈത്രേ ഇതിനെ ഗ്രഹിച്ചത് അറിഞ്ഞത് അവരൊരു അങ്ങനെ ഒരു പാരസ്പര്യമുണ്ട് ഗുരു അതിനും കൂടെ കണക്കായിട്ടാണ് അവനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പൊ അത് പറയുന്നതിലൂടെ എന്തിന് ആദ്യത്തെ ഗർഭം ധരിക്കുന്നതോടുകൂടി ഭർത്താവ് പിന്നെ ആ അമ്മയ്ക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മാതൃസ്ഥാനം കൂടെ ഉണ്ട് എന്നാ കാരണം തന്നെ തന്നെ ധരിച്ചു എന്നുള്ളതിലൂടെ ഒന്നാമത്തെ സന്താനമായി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം എന്താ ആ അത്രയും ഒരു ഭാവത്തോടുകൂടി വേണം അവരോട് പെരുമാറാനെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട് സ്വാമി ആ ഭാഗത്തേക്കൊന്നും അധികം കടക്കുന്നില്ല വാത്സ്യായന വാത്സ്യായനൻ എന്ന ഋഷി കാമസൂത്രത്തില് കരുത്തുറ്റ ദാമ്പത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് തോന്നിവാസം എഴുതി വെച്ച ആളല്ലേ ഉള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാ എങ്ങനെ ദാമ്പത്യ ഈ സത്യസന്ധമായ ദാമ്പത്യത്തിലൂടെ പരമമായ മോക്ഷത്തെ പ്രാപിക്കാം അപ്പൊ സ്വാമി ആ വഴിയിൽ വല്ല ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം അതിന് വല്ല പുസ്തകങ്ങളോ അല്ലെങ്കിൽ വല്ല സിനിമകളോ ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ ആ തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യ വ്യവസ്ഥിതോ എന്ന് പറയുമ്പം എല്ലായിടത്തും ഒരു മാർഗദർശിയായി ഒരു ചൂണ്ടുപലകയായി ഒരു ദീപസ്തംഭമായി ഒരാചാര്യൻ നിലകൊള്ളണമല്ലോ ആ നിലയ്ക്ക് നോക്കുമ്പം ഭാരതത്തിലെ വാത്സ്യായനെ വെല്ലാൻ ഇനിയും ആധുനിക ലോകത്ത് ഒരുത്തനും ആവിർഭവിച്ചിട്ടില്ല അദ്ദേഹം ബ്രഹ്മചാരിയാണ് ഋഷിയാണ് പഠിക്കേണ്ടിയിരിക്കുന്നു ഭാരതത്തെ ഇനിയും പാശ്ചാത്യനും പൗരസ്ത്യനും അതെ എന്ന് നമുക്ക് ഇന്ന് അവരൊക്കെ അതുകൊണ്ട് കുത്തഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണം ഇതാണ് ഇവിടെയാണ് തസ്മാ ശാസ്ത്രം പ്രമാണം തേ